നടത്തിക്കൊണ്ടിരുന്നതെന്നും തോന്നി വൈവോ പഠനത്തില് കഴിഞ്ഞാൽ കോശ വിഭജനം മല്ലെ തുടങ്ങുന്ന ഭാഗമാണ് പറഞ്ഞതെന്ന് തോന്നി കലല ബുദ്ഭുത അവസ്ഥകളിലേക്ക് എത്തുന്നതിന് ഭ്രൂണാവസ്ഥയിൽ ഭ്രൂണ വളർച്ച കുതകുമാറ് ഭ്രൂണഭാഗം കോശ കോശാന്തര വ്യാപാരത്തിൽ അനേകം രാസവസ്തുക്കളെ ഒരു പക്ഷേ ലോകത്തെ ഒരു പരീക്ഷണശാലയിലും ഒരുമിച്ച് ഒരിക്കലും നടക്കാത്ത വിധം സങ്കീർണങ്ങളായ ഘടകങ്ങളെ വേർതിരിക്കുകയും ചേർക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇത് മനസ്സിലാക്കാതെയാണ് അല്പമാത്രമായ അറിവ് നേടിയ മനുഷ്യൻ താൻ നടത്തുന്ന ചെറിയ പരീക്ഷണങ്ങളിൽ നിന്ന് ആത്യന്തികമായ സത്യമൊക്കെ കണ്ടെത്തിയെന്ന് പലപ്പോഴും വ്യാമോഹിക്കുന്നു ഈ ഭാഗമാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി അപ്പം കോശാന്തര വ്യാപാരത്തിൻ്റെയും കോശാന്തര മസ്തിഷ്ക സഞ്ചാലനത്തിൻ്റെയും കോശാന്തര പ്രകൃതിയുടെയും കോശാന്തര പ്രകൃതത്തിൻ്റെയും കോശവിഭജനത്തിൻ്റെയും അപൂർവ നിമിഷങ്ങളിലേക്ക് ഓരോ പരിണാമവും വരുമ്പോൾ ഒരു കോശാന്തര മസ്തിഷ്ക ചാലകശക്തി ഭാരതീയ പൗരാണികർ ഇതിനെക്കുറിച്ച് വളരെ വിസ്തൃതമായി പഠിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് ആ നിലയിലുള്ള സഞ്ചാലനത്തിൻ്റെ അപൂർവ നിമിഷങ്ങളിലേക്ക് ഒരു ഭൗതിക ശാസ്ത്രജ്ഞന്റെ ഉപകരണങ്ങളും സൂക്ഷ്മ മാവിനികളും കടന്നു ചെല്ലുന്നതിനേക്കാൾ വേഗത്തിൽ ഭ്രൂണദാർശനിക ശക്തിയുടെ ചൈതന്യം കാൽപ്പനികമായി കണ്ടെത്തിയാൽ ഒരു തത്വചിന്തകൻ്റെ അന്തർ നേത്രം കടന്നു ചെല്ലും എന്നതിന് സന്ദേഹമില്ലെന്ന് അവർ പലവട്ടം പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പഠനങ്ങളിൽ അതുകൊണ്ടാണ് അവർ കലലം കുർഭുതം കർക്കേന്ദു മുതലായ അവസ്ഥകളെയും അവിടെയുണ്ടാകുന്ന ഭ്രൂണപരിണാമങ്ങളെയും ഒക്കെ കുറിച്ച് പറഞ്ഞു അതിന് ഭ്രൂണ വളർച്ചയ്ക്കാവശ്യമായ സങ്കേതങ്ങൾ അത്രയും എരുവാന്തരപ്പെടുന്നത് ഈ വലിയ പരീക്ഷണശാലയിൽ പ്ലാസ്റ്റൻ്റെ ഉള്ളിൽ നടക്കുന്ന ഭാവഭേദങ്ങൾ പ്ലാസ്റ്റേക്ക് വെളിയിൽ നടക്കുന്ന ഭാവഭേദങ്ങൾ എല്ലാം വളരെ വിസ്തീർണ്ണമാണ് ഒരു പക്ഷേ രോഗങ്ങളിൽ പെടുന്നതും ഈ പ്രകൃതി രൂപമായ സത്യങ്ങളെ തിരിച്ചറിയാത്തതും കൊണ്ടായിരിക്കണം ഉദാഹരണവും വേണമെങ്കിലാവാം ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ ഉദാഹരണവും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓർമ്മയുണ്ടാവുക ഗർഭിണി ഇന്ന് ഛർദി തുടങ്ങിയ ആ ഛർദിക്കുന്ന ഗർഭിണിക്ക് ഒട്ടേറെ മരുന്നുകൾ ഇന്ന് കൊടുക്കാറുണ്ട് ആ ഛർദി ഒരു രോഗമാണെന്നു അത് തടയുക എന്നും മാത്രമേ ആ കുട്ടിയുടെ അച്ഛൻ അമ്മ ഭർത്താവ് ബന്ധുജനങ്ങൾ പിഷദ്വരന്മാർ ശാസ്ത്രശാഖ ഏതായിരുന്നാലും ആയുർവേദമോ ഹോമിയോപ്പതിയോ മോഡേൺ മെഡിസിനോ ഏതുമാകട്ടെ പൊതുവേ കരുതാറുള്ളൂ ശരിയാണ് എന്നാൽ പഴയ ഒരു വെല്ലമ്മ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മാത്രവുമല്ലെന്ന് മകൾ ഗർഭിണിയായിരിക്കാൻ മകളെ കാണാൻ പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കി പ്രൗഢയായ പഠിപ്പുള്ള അമ്മ അവളുടെ സഹോദരങ്ങളോടൊപ്പം ആ പലഹാരങ്ങളുമൊക്കെ ചുമന്ന് ചെല്ലുമ്പോൾ അമ്മ പടി കടന്നു അതിലുള്ള ഉണ്ണിയപ്പത്തിന്റെയും മറ്റും നെയ്മണം അടിക്കുമ്പോൾ തന്നെ ഇവൾ ഛർദിക്കാൻ തുടങ്ങും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ട് നീ ഛർദ്ദി തുടങ്ങിയോ എന്ന പക അവളുടെ ഈഗോയിൽ രൂപാന്തരപ്പെടുന്നത് കാണാം നീ കൊണ്ടുപോയ തള്ളയലെ ആ ഞാൻ തള്ളായെന്ന പദം ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അമ്മയെന്നുള്ള പദം ഒന്ന് മാറ്റിയത് ഉടനെ അത്രയ്ക്കായോ എന്ന മട്ടില് അറിയുന്ന ഔഷധമൊക്കെ കൂടുതൽ വീണ്ടും ഈ പുണ്യപ്പം കൊടുക്കാൻ വരുന്നു പക്ഷെ ഛർദ്ദിക്കുകയാണെങ്കിൽ ഉടനെ പരിചയമുള്ളൊരു ഫാമിലി ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഡോക്ടർ ഛർദ്ദിക്കുന്ന കണ്ടില്ലേ ഉടനെ ഒരു മരിച്ചു കൊടുക്കും മൂന്നോ നാലോ അഞ്ചോ തലമുറയ്ക്ക് മുമ്പ് ഉള്ള പിതാമഹാദികളുടെയോ മാതാമഹാദികളുടെയോ ജനിതക ഭാവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയുണ്ട് ജനിതകം എന്ന് പറയുന്നത് ബീജഭാഗ അവയവങ്ങൾ ഇതാണ് സുസൃതൻ ഉപയോഗിച്ച പ്രാചീന ഭാഷ ഞാൻ ജനിതകം എന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഇത് പ്രാചീനമല്ല ആയുർവേദത്തിൽ ഇല്ലല്ലോ അപ്പം ഇതൊക്കെ അന്ന് കണ്ടെത്തിയിരുന്നോ എന്ന് തോന്നും ബീജഭാഗ അവയവം എന്ന് ഉപയോഗിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവുകയില്ല ഇങ്ങനെ രണ്ട് സങ്കീർണതകളുണ്ട് അതുകൂടെ മനസ്സിലായിട്ടുള്ളൂ ബീജഭാഗ അവയവം ഉള്ള അവിടെ നിന്നുള്ള തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ബീജഭാഗങ്ങളുള്ള ക്രോമസോമുകളുള്ള വളരുന്ന കുഞ്ഞ് അമ്മയെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ ജാഗ്രത ഉള്ള സ്വപ്നങ്ങളുള്ള സുഷുതിയുള്ള ദൃശ്യവിന്യാസങ്ങളെല്ലാം കണ്ടും കേട്ടും വളരുന്ന പ്രൗഢയായ പഠിപ്പുള്ള ആ ആഹാരത്തെ അവളുടെ നീഹാരത്തെ അവളുടെ ജീവിതക്രമങ്ങളെല്ലാം ആന്തരികമായി ഇരുന്ന് യാതൊരു ജാഗ്ര അറിവിന്റെയും വെളിച്ചമില്ലാതെ അവളെ നിയന്ത്രിക്കുന്ന ആ കുഞ്ഞിനെ കാണുവാനുള്ള ഒരു അന്തർ വൈയക്തികവും സാമൂഹികവുമായി കിട്ടുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ഉത്തമ സന്താന പരമ്പരകൾ ഉണ്ടാവൂ അപ്പോഴാ കൊണ്ടിയന്നയ അമ്മ ഭൂമിയിലേക്ക് ജാതനാകാനിരിക്കുന്ന തൻ്റെ പാരമ്പര്യത്തിൻ്റെ പ്രസൂനമായ കുഞ്ഞിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഇവൾ ഇന്ന് ഛർദിക്കുന്നതെന്നും ഇവളെ നിയന്ത്രിക്കുന്നതാ അകത്ത് കിടക്കുന്ന കുഞ്ഞാണെന്നും ഇന്നലെ അവളുടെ ഇഷ്ടങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലെന്നും മോളെ നിൻ്റെ ഇഷ്ടം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് നിനക്കിഷ്ടപ്പെടുമാറും നെയ്യിലാണ് ഞാൻ പൊലിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ അമ്മ ഇന്ന് എൻ്റെ ഇഷ്ടത്തിനൊന്നും വിലയില്ല എൻ്റെ ഇഷ്ടമൊക്കെ ഞാൻ ഈ പണി ചെയ്തതോടെ പോയി എൻ്റെ ഇഷ്ടം നിയന്ത്രിക്കുന്നത് എൻ്റെ ഉള്ളിലെ കുഞ്ഞാണ് അവൻ്റെ ഇഷ്ടത്തിന് അവളുടെ ഇഷ്ടത്തിന് മാത്രമാണ് എനിക്കിന്ന് ജീവിക്കാൻ കഴിയുക എന്ന് ആ സ്ത്രീയും ഇതെല്ലാം പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് എന്ന അവളുടെ അമ്മയും അവളുടെ ഇപ്പോൾ താമസിക്കുന്ന ഭർത്തൃഗൃഹത്തിൽ താമസിക്കുന്ന ഭർത്തൃമാതാവും അവളെ പരിശോധിക്കുന്ന പിശദ്വരനും അവളെ കാണുന്ന സമൂഹവും ഏതൊരു കാലഘട്ടത്തിൽ അറിയുന്നുവോ എപ്പോൾ അവരുടെ അറിവിന് ഈ സൂക്ഷ്മമായ രോഗങ്ങളെ പുലുകാൻ കഴിയുന്നുവോ അന്ന് മാത്രമാണ് ഒരു കുഞ്ഞിന് കേടുപാടും കൂടാതെ ഭൂമിയിൽ ജാതനാകാനും ജീവിക്കാനും നാളെ നല്ല ദിനരാത്രങ്ങൾ ഉണ്ടാക്കാനും കഴിയുക ദൃശ്യ വിന്യാസങ്ങൾ ഉതിർക്കുന്ന ഭൗതിക ശാസ്ത്ര മാതൃകകളെക്കാൾ അതിൻ്റെ പിന്നിൽ ഒളിക്കുന്ന ദാർശനിക സങ്കല്പങ്ങൾക്ക് പ്രസക്തി കൂടും ഇവിടെയാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ അല്ല അത് സൗമ്യമായി മാത്രമേ ശാന്ത ആ സ്ത്രീക്ക് അപകടം വരുന്നവരം വരെ എത്തിക്കാതെ അപ്പൊ അതിന് കാരണം അവർക്ക് ചിലത് ഇഷ്ടപ്പെടില്ല അത് കൊണ്ടിരുന്നതിരിക്കണം ഇന്നലെ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഇന്ന് ആ കുഞ്ഞിനിഷ്ടപ്പെടുന്നതാണോ ഓരോ ജീവിക്കും അതിൻ്റെ ആരോഗ്യത്തിനുള്ള തെരഞ്ഞെടുപ്പിന് അതിൽ തന്നെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ന്യൂറോണുകളിലുമെല്ലാം അതാണ് ജീവജാലങ്ങൾ ഈ ഭാഗ്യപദ്ധതി ഇല്ലാതെ സമൂഹത്തിൽ ജീവിക്കുന്നത് ഒരു വനമെടുത്താൽ അതിൽ നിറച്ച് വിഷങ്ങളുണ്ട് ഒട്ടേറെ ഭീകരങ്ങളായ ജന്തുജാലങ്ങളുണ്ട് അവയുടെ ഇടയ്ക്കാണ് സൗമ്യങ്ങളായ ജന്തുക്കൾ ജീവിക്കുന്നത് ഒട്ടേറെ വിഷം പ്രസരിപ്പിക്കുന്ന ഇലകളുണ്ട് കിഴങ്ങുകളുണ്ട് ചില മാസങ്ങളിൽ വിഷമുള്ളവയും ചില മാസങ്ങളിൽ വിഷമില്ലാത്തവയുമായ കിഴങ്ങുകളുണ്ട് ചില മുള്ളുകൾ കൊണ്ടാൽ മരണം വരെ വരുന്ന മുള്ളുകളുണ്ട് ഈ വനത്തിനകത്ത് ജീവിക്കുന്ന സ്കൂളും കോളേജും കണ്ടിട്ടില്ലാത്ത മാനും കരടിയും കടുവയും എല്ലാം ോളജിയും ഏത് ബോട്ടണിയും സുവോളജിയും കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയും പഠിച്ചിട്ടാണ് അവ ആ ആഹാരം കഴിക്കരുതെന്നും കഴിക്കാമെന്നും തീരുമാനിക്കുന്നത് ആ പാരമ്പര്യത്തിലാണ് നിങ്ങളെങ്കിൽ അറിവ് നിങ്ങളെ പ്രമിപ്പിക്കുന്നില്ലെങ്കിൽ അറിവിൻ്റെ അജ്ഞാനം നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ അന്തശ്ചോദനയിൽ നിന്നുണ്ടാവുമാറി അതാണ് ഈ നേടേണ്ടത് ഈ പഠിപ്പ് അതിന് സഹായകമാവേണ്ടതാണ് ഈ പഠിപ്പിൻ്റെ കണ്ടെത്തലുകൾ നടത്തിയ ഒരു ശാസ്ത്രകാരനും ഇതിനെ നിഷേധിച്ചിട്ടല്ല കണ്ടെത്തിയിരിക്കുന്നത് പഠിപ്പ് കൊണ്ടത് കുറച്ചുകൂടി നന്നാവുകയാണ് ചെയ്യേണ്ടത് അതെടുത്തു കളയാനുള്ള ഒരു അഹങ്കാരമാണ് പഠിപ്പ് തരുന്നതെങ്കിൽ ആ പഠിപ്പ് മോശമാണ് ന്യൂറോളജിയുടെയും ഒക്കെ തലങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ പഠനങ്ങളിൽ ഈ രജത രേഖകൾ കാണാം അവയൊന്നും ഉപകരിക്കേണ്ട രംഗങ്ങളിൽ നമ്മളുടെ സ്മൃതിമണ്ഡലത്തിലെത്താതിരിക്കുന്നത് അതിന്റെ അന്തർധാരയെ കളഞ്ഞു പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയാമെന്ന് ഈ ലോകങ്ങളെ പഠിക്കാൻ പോകുമ്പോ തിരിച്ചറിയണം പഴയ ആളുകൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിഞ്ഞത് ഞാനതിന് നൂറുദാഹരണങ്ങൾ പറഞ്ഞിരുന്നു നേരത്തെ അതിലൊരെ ഇപ്പൊ പറഞ്ഞത് ഓരോ ജീവിയും ചേർന്ന് വരുന്ന സാമൂഹിക ക്രമത്തെ അവർ അംഗീകരിച്ചതും ഇതുകൊണ്ടാണ് അങ്ങനെയാണ് പ്രകൃതിയിൽ പല കാര്യങ്ങളെയും നേരെ കൊണ്ടുപോകാൻ പറ്റുക അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം ഇന്ന് നിങ്ങളെല്ലാം ജീവിക്കുന്നത് ഇതുപോലുള്ള വർക്ക വീടുകളിലാണ് സിമെൻറ്റ് മാർബിള് ഗ്രാനൈറ്റ് ഒക്കെയാണ് തറ വാക്യൂം ക്ലീനർ എല്ലാ വീട്ടിലും ഇന്നലെ ഇത് മെഴുകിയതാണ് കുട്ടിയുടെ മലം മൂത്രം ചാണകം ഇത്രയും ചേർന്നാണ് എഴുതുന്നത് ശരിയല്ല ചിലർക്ക് നെറ്റി ചുടിക്കുന്നു കുട്ടി തൂറിയാൽ പാള കൊണ്ട് തോരിക്കുമ്പോ ആ ചാണകത്തെ പറ്റി പിടിച്ച മലത്തിന്റെ മുകളിലേക്ക് ചാണകം തേക്കുമ്പോ മലവും ചാണകവും മൂത്രവും കൂടിയാണ് എഴുതുന്നത് എന്താ പിന്നെ മലയില്ലേ അതോടൊപ്പം ബുദ്ധി കളച്ചു കളയുന്നു അങ്ങ് എട്ടു വയസ്സുവരെ പഠിക്കാതെ തൂറുകൊള്ളുകയാളാ ഓർമ്മയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഡൈന്യന്മാര് തോറന്നു കൊള്ളുന്നുണ്ടില്ലേ ഞങ്ങളുടെ അനിയന്മാർ സൂറുന്ന കൊള്ളെന്ന് നോക്കണ്ടില്ലേ നമുക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇതിനെ അപ്പൊ ഇന്ന് അന്യാസിയാണെന്ന് നോക്കുന്നത് സൂറിയിട്ടില്ല പുള്ളി ഇട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി കടന്നു കഴിഞ്ഞില്ലേ അപ്പൊ നമുക്കൊക്കെ അറിയാവുന്നില്ല നമ്മളെ എട്ടൊമ്പത് വയസ്സുവരെ പരിക്കത്തൊക്കെ മൂത്രമൊഴിക്കുകയും മാത്രമല്ല ചില വില്ലന്മാർ പിള്ളേര് ചിലപ്പോ കട്ടിക്കേരി കയറി ചൂരി വയ്ക്കും ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും അമ്മ കാണുന്നത് ശരിയല്ല ഇന്നാ ഇപ്പൊ ജോൺസൺസിനി പാട്ട് ഒക്കെ വന്ന് കെട്ടിയ ഒരു മൂടേക്ക് ഇരുന്നത് അന്നില്ല ഇന്നുണ്ട് ആ ഇന്ന് അത് കെട്ടിയായിരുന്ന പിള്ളേരുടെ പിള്ളേരെയൊക്കെ അപ്പൊ അതുകൊണ്ട് അന്ന് ഇതാ ചെയ്തിരുന്നേ എന്നിട്ട് എത്ര പേർ തുമ്മലുണ്ടായി എത്ര പേർക്ക് ചുമയുണ്ടായി എത്ര പേർക്ക് അലർജിയും ആസ്മയുണ്ടായി എത്ര പേർക്ക് ഇന്ന് കാണുന്ന തൊപ്പുരോഗങ്ങളുണ്ടായി നിങ്ങളിലെ സ്ത്രീകൾ അലർജി ആസ്മയായിട്ടില്ല പ്രഗത്ഭനായൊരു വിഷക്കൂരൻ ആയുർവേദമോ ഹോമിയോപ്പതിയോ മോഡേൺ മെഡിസിനോ ആയതുകൊണ്ട് നിങ്ങളെ നോക്കി അലർജിയാണ് പൊടിയടിച്ചിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ അമ്മ ജീവിച്ചത് ഇതിനകത്തായിരുന്നു റോസ് ഈ മലവും മൂട്ടുമൊക്കെ ഉണങ്ങിയ പൊടിക്കകത്ത് തൂത്തു വാരിയാല് കൊട്ടക്കണക്കിൽ കിട്ടുന്ന പൊടിക്കകത്ത് അതൊക്കെ പെരക്കകത്തൂടെ പറന്ന് നടന്ന പൊടിക്കകത്ത് അത് കുറേശേക്ക് ചോറിനകത്ത് വന്ന് വീണ അന്നൊന്നുമില്ലാത്ത ഈ തുമ്മൽ ഇപ്പോ ഉണ്ടായത് അപ്പൊ അന്ന് എങ്ങനെയാണ് മനുഷ്യൻ ഇത് തിരിച്ചറിഞ്ഞത് അന്നത്തെ പതിച്ചു പേറ്റിച്ചും അന്നത്തെ അമ്മയും അമ്മയും ഒക്കെ എങ്ങനെയാണ് ഇത് തിരിച്ചറിഞ്ഞത് അവനിഷ്ടപ്പെടുന്നില്ല ഈ ആഹാരം അവൻ ഇഷ്ടപ്പെടുന്നില്ല ഈ മണം അവൻ ഇഷ്ടപ്പെടുന്നില്ല ഈ കാഴ്ച നാളകളിലേക്ക് സ്വപ്നങ്ങളും വിതച്ച് വരാനിരിക്കുന്ന എന്നെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ വേദനകളുടെയും യാതനകളുടെയും ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരമ്മയുടെയും വീടിൻ്റെയും അന്തരീക്ഷം പിടിക്കാതെ വരുമ്പോൾ അതിനെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന നൂറായിരം പ്രശ്നങ്ങളെ നോക്കി ആ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കരുതി മാത്രം ഔഷധം കഴിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമൂഹം ശാസ്ത്രവും ഗവേഷണവും പ്രാധാന്യം കൊടുത്ത ഔഷധങ്ങളും മറ്റുള്ളവയും കൊടുക്കുമ്പോൾ ആഹാരവും കൊടുക്കുമ്പോൾ ഗർഭിണിയുടെ സ്ഥിതിയെ മാത്രം നോക്കിയിട്ട് ഔഷധങ്ങളും ആഹാരവും കൊടുക്കുമ്പോൾ തൻ്റെ പ്രൗഢിയും പാരമ്പര്യവും മാത്രം പരിഗണിച്ച് ആഹാരവും ഔഷധവും കൊടുക്കുമ്പോൾ മഹാദ്രോഹികളായ സമൂഹം നാളെ എത്ര രൂപം മുടക്കിയാലാണ് ജീവിതായോധനത്തിൻ്റെ നന്മ നിറഞ്ഞ രംഗങ്ങളിലേക്ക് വരിക കവിതാമയമായൊരു ശാസ്ത്രവും ശാസ്ത്ര നിഗൂഢമായൊരു കവിതയും മാനവ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നത് ഇവിടെ വച്ചാണ് പറഞ്ഞത് സാങ്കത്യം ഞാൻ പറഞ്ഞതിൽ സാങ്കത്യം തിരിച്ചറിയാവുന്നവരോട് ചോദിച്ചാൽ വിചാരിച്ചാൽ എല്ലാതൊരു ഇളകി കാണും ചിലപ്പോൾ ബാക്കി നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ട് ആ സാധ്യത ശാസ്ത്ര മാതൃകയുടെ ഈ സാധ്യത പൂർണ്ണമായി തള്ളിക്കളയത്തക്കതാണോ എന്നെങ്കിലും ചിന്തിച്ചാൽ ചോദ്യം മനസ്സിലായില്ല പൂർണ്ണമായി തള്ളിക്കളയേണ്ടതാണോ ഏ ഇന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം തൊട്ട് വളരെ നല്ലൊരു ശതമാനം വരെ ദൗഹദ അപചാരജമാണ് പദം ശുശ്രൂതന്റെ തന്നെയാണ് ദൗഹദ അപചാരജം ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് എടുത്തിട്ടുള്ളതാണ് പിന്നെ കാഴ്ച വിഴുവുന്നു നിങ്ങളെ എന്തുകൊണ്ടെല്ലാം കാണും അയ്യരിന്ന് എന്തെല്ലാം കൊണ്ട് കാണും സത്യസന്ധമായി പറയുക കാണുക കണ്ണുകൊണ്ട് മാത്രമല്ല അയ്യർ കോശ കോശാന്തര വ്യാപാരങ്ങളിലെല്ലാം കാഴ്ചയുണ്ട് മിസ്റ്റർ അയ്യർ എറയത്തിരിക്കുന്ന അയ്യർ അകത്തടുക്കളയിൽ വാരിയെടുക്കുന്ന ഒന്നിൻ്റെ മണത്തിൽ നിന്ന് കാണും ഇല്ലയെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം കാണുകയില്ല കാണും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമകൾ കൺവേ ചെയ്യുന്ന നിങ്ങളുടെ സീരിയലുകൾ കൺവേ ചെയ്യുന്ന ഒട്ടേറെ ആശയങ്ങൾ നിങ്ങൾ കാണുന്നതൊക്കെ അവർ കാണിക്കാത്തതാണ് കൂടുതലും നിങ്ങൾ കാണാൻ പറ്റിയ ബിംബങ്ങളെ അവർ കാണിക്കുകയുള്ളൂ അപ്പം കാണാൻ കണ്ണു വേണ്ട വിശക്വരന്മാർ കാണുന്നത് മൂത്രത്തിൻ്റെ നിറത്തിൽ നിന്ന് മൂത്രത്തിൻ്റെ ഗന്ധത്തിൽ നിന്ന് മൂത്രത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് അതിലെ ആന്തരിക അവയവങ്ങളുടെ രൂപഭാവങ്ങളാണ് പണ്ടുകാലത്തൊരമ്മ കുഞ്ഞിൻ്റെ മലത്തിൽ നിന്ന് ആ കുഞ്ഞിന്റെ ആരോഗ്യ ശാസ്ത്രത്തിന്റെ ഒട്ടേറെ മേഖലകൾ നേരിട്ട് ദർശിക്കുമായിരുന്നു പിന്നീട് വിഷദ്വരന്മാർ ദർശിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇന്ന് അമ്മ ദർശിക്കില്ല വിഷദ്വരന്മാർ ഏത് ശാഖയായാലും ദർശിക്കില്ല നിങ്ങൾക്ക് അറിവ് കൂടുകയാണോ കുറയുകയാണോ നിങ്ങൾ പോയിരുന്നാലോചിച്ചാൽ മതി ഒട്ടേറെ രോഗങ്ങളെ ഉള്ളിൽ കണ്ടെത്തിയത് ഒരു കാൽപാദത്തിലേക്ക് നോക്കി ആ പാദത്തിലെ എടീമ നീര് കാണുന്ന ഒരമ്മ ഒരു വിഷഗ്വരൻ വൃക്കയെയും ഹൃദയത്തെയും എതിർത്തിനെയും മസ്തിഷ്കത്തെയും ഒക്കെ കണ്ടിരുന്നൊരു കാലമുണ്ട് വേറൊരവയവവും കാണാതെ ഇന്നും കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ കാണുന്നവൻ എഴുതി തന്നാലേ ചികിത്സയുള്ളൂ അവനാണ് ആദ്യം ഇത് കാണുന്നത് അത് അനുഗ്രഹീതരായ ഒന്നോ രണ്ടോ പേര് ഒരു നാട്ടിൽ കണ്ടുവന്നു വരും അവൻ എഴുതിയത് എഴുത്താണ് അവന്റെ എഴുത്തിന്റെ പൊക്കത്തിലാ പിന്നത്തെ കാഴ്ചയൊക്കെ സ്പെഷ്യലിസ്റ്റുകൾ കാണുന്നില്ല കുറച്ച് കടന്ന കയ്യാണ് An eye scan is better than can, doctor, the the a CAT scan. Dr. Thundan. Logha-prosestha neurologist, you're all on Dr. Thundan. That's why these walkers are out. You can see the 3rd eye scan. You can see the same thing. That's why they're doing it. That's why they're doing it. An eye scan is better than CAT scan. Every day you get to the test. അതൊക്കെ വീട്ടിൽ പോയി കുറെ ആലോചിക്കാം നമ്മുടെ വിഷയം ക്യാൻസറിലേക്ക് ആയതുകൊണ്ട് ആ ബീജ സംയോജനം കഴിഞ്ഞ് കോശാടനം കോശരൂപീകരണം കോശകലനം ഇതൊക്കെ പ്രാചീന പദങ്ങളാണ് ഇതിൻ്റെ എല്ലാം ആംഗലേയ പദങ്ങൾ പറയാം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ പദമൊന്നും മനസ്സിലാകാൻ വഴിയില്ല കോശാടനം കോശകലനം കോശരൂപീകരണം കോശാടനം സൈറ്റോമൈഗ്രേഷൻ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും സൈറ്റോമൈഗ്രേഷൻ കോശ രൂപീകരണം സൈറ്റോജനിസിസ് കോശകലനം സൈറ്റോ ഡിഫറൻസിയേഷൻ ഇവയെല്ലാം ഈ എല്ലാം ജീവോൽപത്തിയിലെ സമഗ്രതയിലെത്തിച്ച് ഭ്രൂണത്തെ ഉളവാക്കുമ്പോൾ ശത്തിൽ നിന്ന് വളർന്ന് വികസിച്ച് വരുന്നത് മാനവശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ശാസ്ത്ര താല്പര്യങ്ങളെ പരിഗണിച്ചായിരുന്നില്ല അങ്ങനൊരു കാലം ഉണ്ടായിരുന്നിടത്തോളം ശാസ്ത്രത്തിന്റെ അവകാശവാദങ്ങൾക്ക് പ്രസക്തി കുറയും ഭാഷ മനസ്സിലായോന്നറിയില്ല ലോകത്തിലെ ഏത് ശാസ്ത്രത്തിൻ്റെയും പ്രസക്തി പൂർണമാകണമെങ്കിൽ ശാസ്ത്രമുണ്ടായിട്ടുണ്ടായവയെ കുറിച്ച് മാത്രമുള്ളതാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആവിർഭവിക്കുന്നതിന് മുമ്പ് സൈറ്റോ ഡിഫറൻസിയേഷൻ ഇല്ലെങ്കിൽ സൈറ്റോജനിസിസ് ഇല്ലെങ്കിൽ സൈറ്റോമൈഗ്രേഷൻ ഇല്ലെങ്കിൽ അത് ശാസ്ത്രമാണെന്ന് അവകാശപ്പെടാം പ്രകൃതിയ നടക്കുന്ന സൈറ്റോ മൈഗ്രേഷൻ പ്രകൃത്യുള്ള സൈറ്റോ ഡിഫറൻസിയേഷൻ പ്രകൃതിയുകയും കണ്ടെത്തുകയും അവയുടെ മേലേറി നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ജീവിതം ദുസ്സഹമാക്കുകയുമാണ് ശാസ്ത്രം ചെയ്തതെങ്കിൽ ശാസ്ത്രം ലോകത്തെ ഒന്നാം നമ്പർ ദ്രോഹിയാണ് വില്ലനാണ് നമ്പർ വൺ ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് ഇവയൊക്കെ ഉണ്ടായിരിക്കുകയും ശാസ്ത്ര പരിഗണനകൾ ഇല്ലാതെ ഇവ അനുസ്യൂതം നടക്കുകയും അത് പരമ്പരകളെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ശാസ്ത്രം നിർണയിച്ചതല്ല ഇത് നമ്പർ വൺ ഇവയെ കണ്ടെത്തുക എന്ന അത്ഭുതം മാത്രമേ ശാസ്ത്രം ചെയ്തുള്ളൂ അത്ഭുതകരമായ പ്രാകൃതിക ഭാവങ്ങളെ കണ്ടെത്തിയവനെന്ന നിലയിൽ ആ ശാസ്ത്രകാരനെ അനുമോദിക്കാം എന്നുള്ളതല്ലാതെ അയാളുടെ കണ്ടെത്തൽ ഉണ്ടാകുന്നതിന് മുമ്പും ഇതുണ്ടായിരുന്നിരുന്നിടത്തോളം അതിന് പ്രസക്തി കുറയും കണ്ടെത്തിയ ഈ ശാസ്ത്രമാതൃക പ്രകൃത്യാവുള്ള സൈറ്റോമൈഗ്രേഷന്റെയും സൈറ്റോജെനിസിൻ്റെയും സൈറ്റോ ഡിഫറൻസിയേഷൻ്റെയും ലോകങ്ങളിൽ ശാസ്ത്രീയമായ കൈകടത്തൽ നടത്തി പൗരാണികമായ രീതിയിൽ നിന്ന് ഉയർന്ന ഒരു മാനവികതയെയും ഉയർന്ന ഒരു ജീവിത ഉയർന്ന ഒരു ശാന്തിയെയും ഉയർന്ന ഒരു ആരോഗ്യ സങ്കല്പത്തെയും തരുമെന്ന് വ്യാപമരിപ്പിച്ചാണ് ആ ഉള്ളിലേക്ക് കടന്ന് കയറിയതെങ്കിൽ അതിന് ശേഷം ഉണ്ടായത് വിപരീത ഫലങ്ങളാണെങ്കിൽ ശാസ്ത്രം ഒന്നാം വില്ലനാണ് ഞാൻ പറഞ്ഞത് അബദ്ധമാണോ തോന്നണം കേറാൻ പാടാണ് ഇതൊന്ന് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞ ശാസ്ത്രത്തെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോ ശാസ്ത്രം ഇവിടെ എന്താണ് ചെയ്തത് ഇന്നലെ ഉള്ളത് തന്നെയായിരുന്നു അത് ശാസ്ത്രം വരുന്നതിന് ഇവിടെ സ്ത്രീകൾ പ്രസവിച്ചില്ലേ പട്ടിയും പൂച്ചയും ഒന്നും ജനിക്കുകയും മരിക്കുകയൊന്നും ചെയ്തില്ലേ കുറെ പേർക്ക് തൊഴിലും മാന്യതയും ഉണ്ടാക്കി തൊഴിൽ രംഗത്ത് വിഭജനം ഉണ്ടാക്കുവാനും സൃഷ്ടിക്കുവാനും വ്യത്യസ്ത അഭിമാനങ്ങൾ സൃഷ്ടിക്കുവാനും രംഗത്ത് വ്യത്യസ്തതകൾ പുലർത്തുവാനും മാത്രമാണിത് പ്രയോജനപ്പെട്ടതെങ്കിൽ മാനവ ജീവിതത്തെ നരകതുല്യമാക്കിയതിൽ ശാസ്ത്രത്തിന്റെ പങ്കാണ് മതങ്ങളുടെ പങ്കിനേക്കാൾ വിശലിപ്തമായത് ശരിയല്ല ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി മതങ്ങൾ എത്രത്തോളം വേറൊരു കൃത്യങ്ങൾ ഉണ്ടാക്കിയോ അതിനേക്കാൾ വേറുകൃത്യങ്ങൾ ശാസ്ത്രീയമായി ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ശരിയല്ല മതം ജാതികളെയും വർഗങ്ങളെയും വർണ്ണങ്ങളെയും സൃഷ്ടിച്ച് വിഭജനങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ശാസ്ത്രം ബൗദ്ധികമായ വ്യതിയാനങ്ങൾ മനുഷ്യനിലുണ്ടെന്ന് കാണിച്ച് അവയുടെ വ്യതിയാനങ്ങളിലൂടെയുള്ള ആദരവുകളുടെയും സങ്കീർണതകളുടെയും ലോകം ചമച്ച് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് കൂടുതൽ ശക്തവും സങ്കീർണവുമായി വേർതിരിക്കുക മാത്രമാണിത് മതത്തിൻ്റെ ജൽപ്പനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമ്പോഴും ശാസ്ത്രത്തിന്റെ ജൽപ്പണങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധത്തിൽ തീട്ടൂരമുള്ളവയാണ് ശരിയല്ല ഇപ്പൊ അതുപോലെ ഞാൻ ബിഹേറിയിരിക്കണോന്നിപ്പോ ഞാൻ സംസാരിക്കും ഞാൻ പറഞ്ഞു നോക്ക തെറ്റാണ് തെറ്റല്ല ശരിയെന്നല്ല ഒന്ന് ആലോചിച്ച് നോക്കുക കുറച്ചുപേരല്ലോ മൊത്താനുഭവല്ലേ ഒരു വീട്ടിലെ ഒരുത്തനെ അവൻ എം ആണ് ശാസ്ത്രീയമായി മറ്റവൻ എം ഒന്നും ഇല്ലാത്തവനാണ് അവൻ ഏഴാം ക്ലാസ് തോറ്റിട്ട് നിൽക്കുന്നവനാണ് ഇവനെയും അവനെയും വേർതിരിച്ചാണോ വീട് കാണുന്നത് സമൂഹം കാണുന്നത് അല്ല മൂത്ത മകൻ ഇലക്ട്രിക്കൽ എൻജിനീയറാണ് കഴിഞ്ഞയാഴ്ചയാണ് അവൻ ക്ലാസിന് പോയത് കാരണം ലൈൻ പഠിക്കാൻ ലേപ്പളൈസ് സിക്വേഷൻ പഠിക്കാൻ അത് പഠിച്ചതിന്റെ അഭിമാനവും അതിൽ കിട്ടിയ പുതിയ ഇൻസെന്റീവുമായി അവൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അയൽപക്കത്തെ ജോണി ആ ലൈൻ വലിച്ചു കിട്ടുന്നവനാണ് അവനെ ലേപ്ലൈസസ് ഇക്വേഷൻ പഠിച്ചിട്ടില്ല പഠിച്ച് ഇവൻ ഇന്നോളിച്ചു കിട്ടിയിട്ടില്ല രണ്ടു പോസ്റ്റും അതിനിടയിലുള്ള ലൈനും അതിന്റെ തൂക്കം എത്രയാണെന്നും അതിലെ ട്രാൻജൻഡ് എത്രയാണെന്നും ഒക്കെ കൃത്യമായി പഠിച്ചത് ആ രംഗത്തേക്ക് പോലും നോക്കിയിട്ടില്ല വലിക്കുമ്പേ കിട്ടുന്ന ശമ്പളവും ഇവന് കിട്ടുന്ന ശമ്പളവും ഇവന് കിട്ടുന്ന സാമൂഹികതയും അവന് കിട്ടുന്ന സാമൂഹികതയും ഒരു കല്യാണ സ്ഥലത്തും ഒരു അടിയന്തിരത്തിലും ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും മോസ്കിലും എല്ലാം ചെന്നിരിക്കുമ്പോൾ അവന് കിട്ടുന്ന യാദരവുകളും മറ്റവന് സ്ഥാനമാനങ്ങളും സമാനങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രം ശാസ്ത്രീയമായി ഉണ്ടാക്കിയത് പ്രയോജനമില്ലെങ്കിലും ഇവനെന്തൊക്കെയോ അറിയാമെന്നുള്ള വ്യാപോഹത്തിലുള്ള യാദരവിനെ ഉറപ്പിച്ചു വെച്ചത് ശാസ്ത്രമാണോ ഇനിയും ഉദാഹരണം മതങ്ങൾ ഉണ്ടാക്കിയ വേറൊത്യങ്ങളെക്കാൾ അതിശക്തങ്ങളാണ് ശാസ്ത്രം ഉണ്ടാക്കിയ വേറുകൃത്യങ്ങൾ ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ മനുഷ്യനെ വേറിട്ടറിയാൻ പ്രേരിപ്പിക്കുന്നു എന്നല്ലാതെ സമമായി അറിയുവാൻ ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല പത്രങ്ങളോ മാധ്യമങ്ങളോ മറച്ചുവെച്ചത് കൊണ്ടോ നിങ്ങൾ ഈ അറിവെല്ലാം ഉണ്ട് എന്ന് ഭാവിച്ചതുകൊണ്ടോ ഈ വേറുകൃത്യങ്ങളെല്ലാം നിങ്ങൾ പുലർത്തുമ്പോഴും ഇതൊക്കെ മതമേ വേറൊരു ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് മൈക്കിൽ കൂടെ പ്രസംഗിച്ചതുകൊണ്ടോ ലോകത്ത് വേറൊരു ശാസ്ത്രീയമായി ഉണ്ടാക്കുന്നത് ശാസ്ത്രം തന്നെയാണ് ഇത് കുറച്ചുപേരേ ഉള്ളൂ കുറച്ചുപേരുടെ കാര്യത്തിലേ ഉള്ളൂ വല്ലാത്ത മുന്നോട്ട് പോലോചാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങൾക്ക് മുമ്പ് ഈ സൈറ്റോ സ്റ്റഡീസ് എന്തായിരുന്നു കോശ പഠനങ്ങൾ ഒരു കുഞ്ഞ് ജനിക്കുവാൻ അതായത് ബീജസങ്കലനത്തിന് സൈകോട്ടെന്ന ഏകകോശ അവസ്ഥക്ക് അതിന്റെ വികാസ പ്രസവത്തിന് പ്രസവാനന്തര വികാസ പരിണാമങ്ങൾക്ക് എത്രത്തോളം ശാസ്ത്രം വേണം എത്രത്തോളം ആകാം ഇതൊന്നും നിർണയിക്കാതെയാണ് നാം പലപ്പോഴും ശാസ്ത്ര ഉപയോഗിക്കുന്നത് എവിടെയാണ് അതിൻ്റെ പ്രയോജനം വേണ്ടത് എവിടെയാണ് വേണ്ടാത്തത് വേണമെങ്കിൽ തന്നെ എത്രത്തോളം ഉപയോഗിക്കണം ഒരു പരിഷ്കൃത സമൂഹത്തിന് അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് ഇല്ലെങ്കിൽ ശാസ്ത്രവും ശാസ്ത്രകാരനും ശാസ്ത്രത്തെ പിൻപറ്റിയുള്ള വ്യാവസായിക പ്രസ്ഥാനങ്ങളും മാനവ ജീവിതത്തെ അതിന്റെ അനവധ്യ സുന്ദരങ്ങളായ ലോകങ്ങളിൽ നിന്ന് തിച്ചി സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ പഠനം അവർ പണ്ടേ നടത്തി വെച്ചതും ഏതാണ്ട് എട്ടാമത്തെ വാരത്തോടെ പഴയ ആളുകൾക്കറിയാം ഒരു പൂർണ്ണ മനുഷ്യന്റെ ആംശിക രൂപം ഉളവാകും സിക്സ് ഡേയ്സ് വീടുകളിലൊക്കെ ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടമ്മമാരുടെ ഇടയിൽ ഈ ഫിഫ്റ്റി സിക്സ് ഡേയ്സിന് പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ല ഗർഭസ്ഥാവസ്ഥ പ്രസവത്തിന് ശേഷം ഫിഫ്റ്റി സിക്സിലും വേറെ പ്രാധാന്യമുണ്ട് കുട്ടിയുടെ ഉറച്ച കുട്ടിയുടെ കെട്ട് പൊട്ടുന്ന കാലമെന്ന് പറയുന്നതും ഫിഫ്റ്റി സിക്സാണ് അത് വേറെ ഒരു അവസരത്തിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം ട്വൻറ്റി എയ്റ്റ് ഒക്കെ പ്രാധാന്യമുള്ളതാണ് ഇരുപത്തെട്ടിലാണ് ബന്ധിക്കുന്നത് അല്ലേ അമ്പത്താറ് കഴിഞ്ഞാലാണ് പദ്യമൊക്കെ ചുരുങ്ങുന്നത് അമ്മയുടെയും മറ്റ് ഏ